കയറൂപീരിക്കുന്ന കാളീതൻ ജീവിത കഥയീതു കേൾപ്പിൻ കരളേഴുന്ന അവളെന്നും സോത്സാഹം കാലത്ത കായലിൻ തീരത്തിലണയുന്നു മടൽ തല്ലാനായി അഴുകിക്കീട മടലിൻ്റെ കൂമ്പാരം അവളുടേ മുമ്പിൽ ഉയർന്നു നിൽക്കും ഒരു മുട്ടി കൊണ്ടവളാ ഞഞ്ഞു പ്രഹരിക്കും തെരുതേരോരോരു മടലിലു പകലോൻ പടിഞ്ഞാറേ കടലിൽ പതിക്കുമ്പോൾ മടലെല്ലാം ചകിരിനാരായിരിക്കും ചകിരി പിരിച്ചു കയറാക്കുമങ്ങനെ അവളോരു ജീവിതം നെയ്തു പോന്നു അവളോ ോന്നു അവളൊരു ജീവിതം നെയ്തു പോന്നു അവളടുത്തുള്ള ചെറ്റക്കുടിയിലിൻ്റെ അഖില സ്വപ്നങ്ങളുമായിരുന്നു അവളുടെ അധ്വാനകർ ശരീവീതം കവിതയില്ലാഞ്ഞു കരഞ്ഞു മേവി യുവതീയാണാശകൾ മൊട്ടിട്ടു നിൽക്കയാണവളുടെ മാനസ വല്ല അവളുടെ മാനസ വല്ല വല്ല ഒരു നീലാവുള്ള നിശായിലാത്തേവൻ്റെ ചെറുതോണി കായൽ കരയണഞ്ഞു വലയും മീൻകൂടയും കയ്യിലെടുത്തവൻ വഴിയേ നടന്നു വരികയായി ഒരു മൂളി പാട്ടുമായി കാളീതന്മാടത്തിനരികെ കടന്നവൻ പോയിടുമ്പോൾ കളകൂചിതമെന്നാ മാടത്തിൽ നിന്നേവം കുളിരൽ ചേർത്തിവൻ്റെ കാതിൽ കുളിരല ചേത്തീതവൻ്റെ കാതിൽ കുളിരല ചേത്തീതവൻ്റെ കാതിൽ അലതല്ലും കായലിൽ മീൻതേടിപ്പോയൂരൻ അരയക്കിടാത്തൻ മടങ്ങിയെത്തി കയറൂപീരി പെണ്ണെ നിനക്കോരു കരിമീനൻ കൂടയിൽ കാണുമല്ലോ വലയിൽ കൂടുങ്ങിയ മീനീനെ പോലെ ഞാൻ വരുമെന്നോ നിൻകൈയിൽ എൻ്റെ ദേവാ കയറൂ കൊണ്ടെന്നെ കളിയാക്കിടേണ്ട നീ എൻറെ കാളി കളിയാ കിടേണ്ട നീ എൻറെ കാളി കളിയാ കിടേണ്ട നീ എൻറെ കാളി അതിനു മേലഞ്ചാറു നാൾ പോലെ അവരേയും കൊണ്ടു കടന്നു പോയി പതിവുപോൽ കാളിയാക്കായലിൻ തീരത്തു മടത്തല്ല നേതും വരുന്നതില്ല അവളോരൂ കൈക്കുഞ്ഞുമായി തന്മാടത്തിൽ ഇരുന്നു കരകയത്രേ അവശം ഇരുന്നു കരകയത്രേ അവശം ഇരുന്നു കരകയത്രേ കയറൂപീരിത്തോഴിലാകെ തകന്നപ്പോൾ കരയാതാ മാതാവിനു ചെയ്യും കരയാതാ മാതാവി നന്ദു ചെയ്യും കരയാതാ മാതാവി നന്ദു ചെയ്യും പതിവു പോട്ടേ വന ചെറുതോണിയിൽ കയറി പരൾമീൻ പിടിക്കുവാൻ പോവതില്ല വയലാറിലെങ്ങോ വെടിയുണ്ടേറ്റവൻ കയമൊന്നിലാണ്ടു കിടക്കയത്രേ കയമൊന്നിലാണ്ടു കിടക്കയത്രേ കയമൊന്നിലാണ്ടു കിടക്കയത്രേ കണവൻ്റെ കഥ കേൾക്കേ കണ്ണീർക്കയത്തിയിലും രളാഭിമാന കുളകമാർന്നു തൊഴിലു നാശിക്കവേ കുഞ്ഞു ചടയ്ക്കവേ മിഴിനീരിൽ നീന്തി തളന്നു പാവം മിഴിനീരിൽ നീന്തി തളന്നു പാവം ളന്നു പാപം അരിയന്നെ തൊഴിലന്നെ ഞങ്ങൾ മരിക്കയാണറിയുന്നോ കേൾക്കുന്നോ നിങ്ങളാരാൻ അറബിക്കടലിൻ്റെ അലമാല പോലൂമി കരൾ പൊട്ടും രോദനം ഏറ്റുപാടി കരൾ രോദനം രോതനം ഏറ്റുപാടി കരൾ പൊട്ടും രോതനം ഏറ്റുപാടി മണിമന്തിരങ്ങളിൽ മന്ത്രിസഭാംഗങ്ങൾ മൃദു കുഷ്യനിട്ട കസേരകളിൽ വോട വൈദ്യുത പങ്കകൾ തൻകീഴിൽ ഭരണകാര്യമഗ്നരായിരിപ്പു ഭരണകാര്യമഗ്നരായിരിപ്പു ഭരണകാര്യമഗ്നരായിരിപ്പു അരിയൻ തൊഴിലെന്നെ ഞങ്ങൾ മരിക്കയാണറിയുന്നോ കേൾക്കുന്നോ നിങ്ങളാരാൻ വയലാറിൽ പോരാടി വീണോർതൻ പിന്മൂറ വയറു പോരിഞ്ഞു മരിക്കയില്ല തെരുവിലോരായിരം കണ്ഠങ്ങളൊന്നിച്ചു മുറവിളിയാക്കിയ രോദനം താൻ മുഖരീതമാവുന്നു കേരള നാടാകെ മുറിവൂ കളേതും വകവയ്ക്കാതെ അവരുടെ മുന്നണീങ്കൽ അതാ തൻ്റെ രുമക്കീടാവൂമായി നിൽപ്പൂ കാളി കയറൂപ്പിരിക്കു മാക്കാളി തൻ ജീവിത കഥയിങ്ങനെയായിരിക്കും കഥയിങ്ങനെയായിരിക്കും കഥ യറൂപീരിക്കുന്ന കാളീതൻ ജീവിത കഥയിതു കേൾപ്പിൻ കരളേഴുന്ന അവളെന്നും സോത്സാഹം കാലത്ത കായലിൻ തീരത്തി ലണയുന്നു മടൽ തല്ലാനായി അഴുകിക്കീടക്കുന്ന മടലിൻ്റെ കൂമ്പാരം അവളുടെ മുമ്പിൽ ഉയന്നോ നിൽക്കും ഒരു മുട്ടി കൊണ്ടവളാഞ്ഞു പ്രഹരിക്കും തെരുതേരോരോരോ മടലിലൂ പകലോൻ പടിഞ്ഞാറേ കടലിൽ പതിക്കുമ്പോൾ മടലെല്ലാം ചകിരിനാരായിരിക്കും ചകിരി പിരിച്ചു കയറാക്കൂമങ്ങനെ അവളോരു ജീവിതം നെയ്തു പോന്നു അവൾ